അപരിഷ്ടേ ന ബ്രൂയാ ചോദിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുതെന്ന് തന്നെ അവർക്ക് വാശിയുണ്ടായിരുന്നു ഇപ്പോ കാലം മാറിയതുകൊണ്ട് നിയമങ്ങളും അല്പം മാറി അധികാരികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അപ്പോ വിസ്തരിച്ച് എറിയാണ് എടുക്കണവരെടുത്തോളും എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാവർക്കും കിട്ടുമെന്നൊന്നും ധരിച്ചിട്ടല്ല പറയണത് അധികാരികൾ അവിടെവിടെ ഉണ്ടാവും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള അധികാരികളാണ് ഇപ്പോ അതുകൊണ്ട് അവരവരെടുത്തോട്ടേനാണ് പക്ഷേ നമ്മളുടെ പരമ്പരയിൽ വേദകാലത്തിലോ ഋഷികളുടെ കാലത്തിലോ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് സാധാരണമല്ല ആ വിദ്യയെ ചോദിച്ചുകൊണ്ട് ചെല്ലുകയും ചെല്ലുന്ന ആളെ കഴിയുന്നതും സാധിക്കുമെങ്കിലൊന്ന് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞേക്കുകയുമാണ് പതിവ് പലരും പറയും കുറേ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ നാവപ്പടെ കൺഫ്യൂഷനായി എന്നാണ് അപ്പോഴാണ് എനിക്കൊരു സംതൃപ്തിയാവുക എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വേദനയാണ് ഇറ്റ്സ് എ പെയിൻ അല്ലെ സുഖമായിട്ടിരിക്കുന്ന സ്ഥലത്ത് കുറെ കുഴപ്പങ്ങളും സംശയങ്ങളും വന്നാൽ അതൊരു വേദനയാണ് വേദന വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സമാധാനവും അന്വേഷിക്കും പരിഹാരം അന്വേഷിക്കും വേദനയ്ക്ക് അപ്പൊ സത്യം കണ്ടെത്തും ഒന്നിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അല്ലെങ്കിൽ അരക്കിറുക്കായിട്ട് പോകണം ഈ ഇപ്പൊ ഇരിക്കുന്ന സമയ സ്ഥിതി ശരിയില്ല അവിടുന്ന് ഇളകണം ഇളകിയിട്ട് ശരിയായ ധാരണയ്ക്ക് വരണം പലരും പല വിധത്തിലാണ് ധരിക്കുക സത്യത്തിന് ചിലർ ഒന്നും മനസ്സിലാക്കില്ല തപോഗുണശ്രോത എന്നാണ് പറയുക ഒന്നും മനസ്സിലാവില്ല അവർക്ക് തലയുടെ മേലെ കൂടെ ഒന്നും പിടികിട്ടില്ല എന്ന് പറയും ഇരുന്ന് ഉറങ്ങും ഉറങ്ങാൻ കാരണം ഇത് ഉള്ളിൽ പിടിച്ചെടുക്കാനൊന്നുമില്ലെങ്കിൽ മനസ്സിലയിച്ചു പോകും രണ്ടാമതൊരു കൂട്ടി കണ്ട എന്തു പറഞ്ഞാലും തലകീഴായിട്ട് മനസ്സിലാക്കും ഇങ്ങനെ പലതരത്തിലാണ് ചിലർ മനസ്സിലാക്കും ചിലർക്കത് പ്രയോ സ്വാനുഭവത്തിലേക്ക് വരും അപ്പൊ പ്രജാപതിയുടെ അടുത്ത് ചെന്ന ഈ രണ്ട് ശിഷ്യന്മാരോടും രണ്ടുപേരും ചോദിച്ചു ആത്മാ എന്താണ് അത് വെറും ജിജ്ഞാസമാത്രമായിട്ടുള്ള ചോദ്യമല്ല ആത്മാവിനെ അറിഞ്ഞാൽ തന്നെ താൻ അറിഞ്ഞാൽ സകല ദുഃഖങ്ങൾക്കും പരിഹാരമായി എന്നാണല്ലോ അപ്പൊ എന്താണ് സത്യം പ്രജാപതി പറഞ്ഞു നല്ല വെണ്ണം അലങ്കരിച്ചിട്ട് ചട്ടി പൊട്ടിയിട്ട് ആ പൊട്ടിയെ ചട്ടിയിലിരിക്കുന്ന വെള്ളം ഉണ്ട് ശരാബോധകം ഉദകത്തിൽ ആ വെള്ളത്തില് നിങ്ങളുടെ പ്രതിഫലനം കാണുക അന്നിപ്പോ കണ്ണാടി ഒന്നുമില്ലായിരിക്കും വെള്ളത്തിലെ പ്രതിഫലം പ്രതിബിംബം കാണും എന്താണോ കാണുന്നത് അതാണ് ആത്മാ ദേവേന്ദ്രനും വിരോചനും അവരവരുടെ പ്രതിബിംബം കാണാനായിട്ട് ചെന്നു വിരോചനും പന്ത്രണ്ട് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൂടെ ഇരുന്നിട്ടാണ് ഈ ഉപദേശം നിരോധന സന്തോഷമായി എന്റെ ആത്മ നല്ല സുന്ദരമായിട്ടുണ്ട് അലങ്കാരമൊക്കെ ചെയ്ത ആത്മാ ദേഹം തന്നെ ആത്മാവെന്ന് ധരിച്ച് അയാള് അറബി നാടുകളിലേക്കോ ഈജിപ്തിലേക്കോ പോയും അദ്ദേഹം പറഞ്ഞു ഈ ശരീരം തന്നെ ആത്മ ഇതിനെ മരിച്ചാലും വിട്ടുകടയരുത് അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം മരിച്ചു കഴിഞ്ഞാൽ ശവം നല്ലൊരു കുടീരത്തിൽ കെട്ടി അത് അതിനകത്ത് ഇരുത്തണം മരിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് ധാരാളം സ്വർണ്ണാഭരണങ്ങളും ഭക്ഷണ ഒക്കെ വയ്ക്കണം അതിന്റെ ഒരു ചെറിയ അംശമാണ് അസുരന്റെ വിദ്യയുടെ അംശം മനുഷ്യരിലും കിടക്കും അതാണ് നമ്മൾ പോലും മരിച്ചു കഴിഞ്ഞ് ശവത്തിന് വായിക്കരിയിടുന്നതും അതിന് ഉടുപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ അതിന്റെ അംശമാണെന്നാണ് ഉപനിഷത്ത് തന്നെ പറയണത് എന്നുവെച്ചാൽ നമുക്ക് ആ ബുദ്ധിയുണ്ട് ഇപ്പൊ ആ ദേഹത്തിനോടുള്ള സംബന്ധം തമിഴ്നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാലാണ് അതിങ്ങനെ ഇരുത്തിയിട്ട് കൊണ്ടുപോവുക ലോറിയില് ഒരു അലങ്കാരമൊക്കെ ചെയ്ത് ഒരു സീറ്റിലൊക്കെ ഇരുത്തിയിട്ട് പോകും അത് കല്യാണ പാർട്ടിയാണോ മറ്റേതാണോ അറിയില്ല രണ്ടുപേരെയും പറയേണ്ട ഇരുത്തിക്കൊണ്ടുപോകും അപ്പൊ ശരീരത്തിന്റെ തലത്തില് അയാള് ചെന്ന് പ്രചരിപ്പിച്ചു ദേഹം തന്നെയാണ് മുഖ്യം ൾക്ക് ദേഹത്തിന് എന്തൊക്കെ സുഖമുണ്ടാവോ അതൊക്കെ ചെയ്യുക അതാണത് കാര്യമായിട്ടുള്ളത് അതിൽ നിന്നാണ് അത്ര അസുരന്മാര് ഉണ്ടായത് അസുരവിദ്യ വീണ്ടും അസുരന്മാർ ജനിക്കുകയാണ് ബ്രഹ്മവിദ്യയെ തെറ്റിദ്ധരിക്കുമ്പോൾ അസുരന്മാരുണ്ടാവും ദേഹത്തിൽ തന്നെ ശ്രദ്ധ പതീകയും സെമിറ്റിക് റിലീജിയൻസിനു മുഴുവൻ ദേഹത്തിനെ പ്രാമുഖ്യം കൊടുക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ ശവകുടീരം വളരെ പ്രധാനമായി തീർന്നത് അതൊന്നും കത്തിച്ചു കളയാനൊന്നും പാടില്ല അവിടെ ഇട്ടുവെക്കണം പിന്നീട് വിളിക്കുമ്പോൾ അത് വേണ്ടിവരും അവിടെ നിന്ന് എണീറ്റ് വരണം അപ്പോ ദേഹത്തിന്റെ മണ്ഡലത്തിൽ ദേഹമാണ് ഞാൻ എന്നുള്ള ധാരണ വളരെ സ്ഥൂലമാണ് ദേഹം ഞാനല്ല ുമായി എനിക്ക് സംബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിചിത്രമായിട്ട് തോന്നും പക്ഷെ നമ്മളുടെ അനുഭവമാണ് പറയാൻ പണത് നമ്മൾ വിചാരിക്കണം ഈ അനുഭവം എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാകേണ്ടതാണെന്നാണ് അതുകൊണ്ട് ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണ എന്റെ വേദാന്തം എന്ന് പറഞ്ഞാൽ ദേഹത്തിന് ഞങ്ങൾ മറന്നു കളയുക പിന്നെ അവർക്ക് കൈയും മുറിച്ചാൽ അറിയില്ല കാല് മുറിച്ചാലറിയില്ല എന്നൊക്കെ വിചാരിക്കുക അങ്ങനെയൊന്നുമല്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും എനിക്കും ഒന്നും തന്നെ ോധമൊന്നുമില്ല ദേഹ അഭിമാനമേ ഉള്ളൂ ബോധത്തിനും ദേഹത്തിനും സംബന്ധമൊന്നുമില്ല ശരിയായ അറിവ് മാത്രമേ വേണ്ടൂ തെറ്റിദ്ധാരണയാണ് സകല കുഴപ്പത്തിനും കാരണം ദേഹത്തിനോട് നമുക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ദേഹബോധമൊന്നുമില്ല കാരണം ബോധത്തിനും ദേഹത്തിനും സംബന്ധം ഉണ്ടാവാനേ സാധ്യമല്ല ഞാൻ ഉണ്ട് എന്നുള്ള ബോധം ല്ല ഇരിക്കുന്നത് ദേഹത്തിൽ ഒരിടത്തും ഞാൻ എന്ന അനുഭവമില്ല കയ്യോ കാലമൊക്കെ മുറിച്ചാലും അവർക്കും ഞാൻ എന്ന അനുഭവം പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് ആയിട്ടുമുണ്ട് ഞാൻ എന്ന അനുഭവത്തിന് ദേഹ സംബന്ധമില്ല ദിവസം ഉറങ്ങുമ്പോ ഈ ദേഹം എവിടെ പോയി നാച്ചുറലായിട്ട് സഹജമായിട്ട് ശരീരത്തിൽ നിന്നും പിൻവലിയുന്നുണ്ട് ശരീരത്തിന് ഏറ്റവും വിഷമവും വേദനയും ഒക്കെ ഉള്ള ഒരു ഓപ്പറേഷൻ ചെയ്ത ദിവസമാണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയണില്ല അറിയണില്ല എന്ന് വെച്ചാൽ ദേഹത്തിൽ നിന്നും സഹജമായി പിൻവലിയാനുള്ള ഒരു ശക്തി നമ്മളുടെ ഉള്ളിലുണ്ടെന്നർത്ഥം ദേഹത്തിനോട് അഭിമാനമേ ഉള്ളൂ ഞാനല്ല ദേഹം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ജനിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്കൊരു ദേഹമുണ്ട് ഒരു ശരീരമുണ്ട് അത് എന്നോട് ചോദിക്കാതെയാണോ വളരണത് എന്നോട് ചോദിച്ചിട്ടാണോ വളരണത് അതിന് കാലാകാലത്തില് സുഖക്കേട് വരണതും വാർദ്ധക്യം വരുന്നതും യൗവനം വരുന്നതും ഒന്നും എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് അവസാനം എന്നോട് ചോദിക്കാതെ തന്നെ ഒരു ലെറ്റർ പോലും തരാതെ എന്നെ ഇവിടുന്ന് പുറത്താക്കും സംബന്ധ വിച്ഛേദം ഉണ്ടാവും ഇപ്പോഴും എന്ത് നടക്കണു എന്നുള്ളതൊക്കെ അജ്ഞാതമാണ് മെഡിക്കൽ സയൻസും അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശവത്തിനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് മുറിച്ചിട്ട് അതിനകത്തുള്ളതൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ അതിലൊരു കാര്യമുണ്ടാവുക ജീവനുള്ള ശരീരത്തിലുള്ള പ്രവൃത്തിയൊന്നും ശവത്തിലുണ്ടാവില്ല ഡോക്ടറോടെയുണ്ട് ജീവനുള്ള ശരീരത്തിന്റെ പ്രവൃത്തി ജീവൻ പോയി കഴിഞ്ഞാൽ ശവത്തിൽ കിട്ടുവോ എന്നുള്ളൊരു സംശയമാണ് നമ്മൾ ശവത്തിനെയാണ് വെച്ചുകൊണ്ട് പഠിക്കണത് പക്ഷെ ശവത്തിന്റെ സ്വഭാവം വേറെ അത് ജീവനുള്ളവ കാണിക്കുന്ന സ്വഭാവം വേറെയായിരിക്കും ജീവനുള്ള ശരീരത്തിനെ മുറിക്കാൻ ആളുകളൊട്ട് സമ്മതിക്കൂല ഓപ്പറേഷനിലൊക്കെ വേണം മുറിച്ച് കണ്ടുപിടിക്കാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോ സർജറി ചെയ്യുമ്പോഴൊക്കെ പറ്റുള്ളൂ ആട്ടെ ആ മണ്ഡലം അവിടെ നിൽക്കട്ടെ അപ്പൊ ദേഹം ഇതം ശരീരം കൗന്തേയാ ക്ഷേത്രം ഇത്യഭിധീയത്തെ ഭഗവാൻ പറഞ്ഞത് ശരീരം ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താ ക്ഷേത്രം എന്താ ക്ഷേത്രം എന്ന് വെച്ചാൽ വയല് പാടം എന്നാണ് അർത്ഥം മലയാളത്തിൽ ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലം എന്ന അർത്ഥമുണ്ട് അമ്പലം ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു സ്ഥലം എന്നേ അർത്ഥമുള്ളൂ പാടം പക്ഷെ ക്ഷേത്രം എന്നുള്ള പ്രയോഗം അമ്പലത്തിനും മന്ദിരം ആണ് സംസ്കൃത വാക്ക് അമ്പലം എന്നുള്ളത് തമിഴ് വാക്കാണ് അമ്പരമാണ് അമ്പലമായത് ചിദംബരക്ഷേത്രത്തിനാണ് അമ്പലം എന്ന് പേര് ചിത്രമ്പലം എന്ന് തമിഴിലുള്ളതെന്നാണ് മലയാളത്തിലെ അമ്പലം എന്നുള്ള പേര് വന്നത് അമ്പരം അമ്പലമായതാണ് അമ്പരം ആകാശമാണ് ചിദാകാശം അത് അമ്പരവും അമ്പലവുമായിട്ട് മാറിയതാണ് മലയാളത്തിൽ വരുമ്പോഴേക്കും ക്ഷേത്രം എന്നുള്ളത് വയലാണ് ഭഗവാൻ പറയുന്നത് ഈ ശരീരം വയലാണ് എന്തിന്റെ വയലാണ് എന്ന് വെച്ചാൽ വിത്തിട്ട് മുളയ്ക്കുന്ന വയൽ പണ്ടിട്ട പല വിത്തുകളും മുളയ്ക്കാനായിട്ട് ഉണ്ടായിട്ടുള്ളൊരു വയലാണ് ഈ ശരീരം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് വിത്തുകൾ കിടപ്പുണ്ട് എന്നർത്ഥം ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ദേഹം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലായി എന്നൊക്കെ വിചാരിക്കും ഒന്നും നമുക്കറിയില്ല ദേഹത്തിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല അതൊരു വയലാണ് ഒരു കൊഞ്ചു കൊച്ചുകുട്ടി ജനിക്കുമ്പോ ആദ്യമായി ഉഴുതുമറിച്ചിട്ടിട്ട് ഉള്ള ഒരു വയൽ പോലെയാണ് അതിൽ വിത്തൊക്കെ ഉണ്ട് ഓൾറെഡി പൂർവ്വജന്മത്തിലെ വിത്തുകളൊക്കെ ഉണ്ട് എവിടുന്നോ കൊണ്ടുവന്ന വിത്തുകളുണ്ട് കാലാകാലത്തിൽ ഓരോന്നായി മുളയ്ക്കും അതിന് മൂന്ന് തലങ്ങളില് ആ മുള കിടക്കുന്നുണ്ട് വിത്തിന്റെ രൂപത്തിലും മുളയായിട്ട് പൊന്തുകയും നല്ലവണ്ണം കൊയ്ത്തിന് തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുന്നതുപോലെ കാരണശരീരത്തിൽ ജീവൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ അവ്യക്ത രൂപത്തിൽ കിടപ്പുണ്ട് കൊച്ചുകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പത്ത് പതിനെട്ട് മണിക്കൂർ നേരം ഉറങ്ങും അല്ലേ മെഡിക്കൽ സയൻസിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഒരുപക്ഷെ അവർ പറയുന്നത് ബോഡി എവലൂഷൻ അതിന് പതുക്കെ വളരാനുള്ള ശക്തി വേണം ആന്തരിക അവയവങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടി പുറമേ കിട്ടിരിക്കുകയാണ് ഉറക്കിയിരിക്കുകയാണെന്ന് പറയും അവർ വേറെയൊരു വിധത്തിൽ ഈ കാര്യം തന്നെ പറയുന്നു അത്രയുള്ളൂ ശാസ്ത്രം പറയണത് ഉറക്കം എന്ന് പറഞ്ഞ് സ്വപ്നം കാണാത്ത ഉറക്കം കാരണശരീരമാണ് അതായത് ബാഗ് ഞാനിപ്പോൾ പാലക്കാട് തിരുവനന്തപുരത്തിലേക്ക് വന്നാൽ എന്റെ ബാഗ് ഫുള്ളാണ് അത് വലിയ ബാഗാണ് ഇവിടെ വന്ന മുറി എനിക്ക് ഒരു മുറി തന്നാൽ ആ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ അതുക്കെ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ ആവശ്യം വരുന്നതൊക്കെ എടുത്ത് പുറത്തുവയ്ക്കും തോറും ബാഗ് കാലിയാവും അതുപോലെ ഈ കാരണശരീരം ഫുള്ളായിട്ട് വന്നിരിക്കുകയാണ് കുട്ടികളുടെ ഓരോ ആ ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ട വിത്തുകളൊക്കെ കിടപ്പുണ്ട് ഓരോന്നായും ഒളച്ചുപൊന്തുംതോറും കുട്ടിയുടെ ഉറക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും സ്ഥൂല ശരീരത്തിലേക്ക് ആവിർഭവിക്കും സൂക്ഷ്മ ശരീരത്തിലും മനസ്സിന്റെ രൂപത്തിലും ആഗ്രഹങ്ങളായിട്ടും മറ്റു പലതും അതായത് അവ്യക്തമായി ഉറക്കത്തിന്റെ മണ്ഡലത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ അറിയപ്പെടുന്നില്ല ഒരു സബ് ആയിട്ട് ുള്ളിലെ ആഗ്രഹരൂപത്തിൽ പൊന്തുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ നാളെ സാധിക്കാനുള്ള സാധ്യതകളുണ്ട് സ്ഥൂലമായി ആവിർഭവിച്ചതും ഈ ശരീരം ഇതിനു മുമ്പ് എവിടെയോ സങ്കൽപ്പിച്ച സങ്കല്പത്തിന്റെ ബാഹ്യമായ വിജൃംഭണമാണ് ചുരുക്കത്തിൽ ഷർട്ടും ഞാനും പോലെയുള്ള ബന്ധമല്ല ദേഹത്തിനോട് സൂര്യനും അതിന്റെ വെളിച്ചവും പോലെയാണ് അന്തര്യാമിയുടെ ബാഹ്യമായ ഒരു പ്രൊജക്ഷനാണ് ദേഹം പൂർവസങ്കൽപ്പത്തിന്റെ ഒരു ബാഹ്യ വിചൃംഭണമാണ് ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് പഴവു പറ്റിപ്പോവും കേൾക്ക് മാത്രം ചെയ്യ ഉള്ളിൽ ചെന്ന് പതിയട്ടെ തെളിയട്ടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വഴിതെറ്റും ബ്രെയിൻ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്തൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ശാന്തമായിട്ട് ഉള്ളിൽ പോകാൻ അനുവദിക്കാം അപ്പോ ശരീരം ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഒരു ക്ഷേത്രജ്ഞൻ ഉണ്ട് वेदीतरज्ञय अवर पर शरीर अरीर शरीर अदमर्थ इत अहम्ञानी इतु नम अभवमंडलम മൊത്തത്തിൽ അനുഭവത്തിന് എളുപ്പത്തിൽ തിരിക്കാവുന്നത് അങ്ങനെയാണ് വലിയ വിഭാഗീകരണങ്ങളൊന്നും വേണ്ട വലിയ വലിയ പേരുകളൊന്നും പറയേണ്ട രണ്ട് അനുഭവമേ ഉള്ളൂ നമുക്ക് ലോകത്തിൽ ഒന്ന് ഞാൻ എന്നുള്ള അനുഭവം രണ്ടാമത് ഈ ഞാൻ പ്രകാശിപ്പിക്കുന്ന അതായത് കാണുന്ന ഒരു പ്രപഞ്ചം ഇതെ രണ്ടല്ലേ ഉള്ളൂ ഒന്ന് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം രണ്ട് എനിക്ക് ഭോഗത്തിന് വിഷയമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഇതിൽ നിന്ന് അന്യം ഇതിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ക്ഷേത്രജ്ഞനും എനിക്ക് വിഷയമായിട്ടുള്ളതെല്ലാം ക്ഷേത്രവുമാണ് ഈ ക്ഷേത്രജ്ഞൻ അതായത് ഞാൻ ഉണ്ട് എന്നുള്ളത് അനുഭവവും ക്ഷേത്രം പ്രതീതിയുമാണ് ും കൂടെ തെളിഞ്ഞാൽ കാര്യം അവസാനിച്ചു ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എന്താ പറഞ്ഞ അനുഭവം അതായത് ബാക്കിയെല്ലാം പ്രതീതിയാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ അനുഭവങ്ങളാണ് ക്ഷേത്രജ്ഞൻ അതിന്റെ പ്രകാശദാതാവാണ് ആ ക്ഷേത്രജ്ഞനെ ശ്രദ്ധ ഇല്ല നമുക്ക് ക്ഷേത്രത്തിലാണ് ശ്രദ്ധ ഇതിനെ തന്നെ ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എന്തു പേര് പറഞ്ഞു പരാപ്രകൃതി എന്നും അപരാപ്രകൃതിയെന്നും ഭഗവാൻ തന്നെ പറഞ്ഞു അപരാപ്രകൃതി കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക സങ്കൽപ്പിക്കുക അഭിമാനിക്കുക ഇതൊക്കെ കൂടി ചേർന്നാൽ അപരാപ്രകൃതിയായി ഭൂമിരാപ്പോ അനലോ വായുഹു ഖമ്മനോ ബുദ്ധിരേവച്ച അഹങ്കാരീയമ്മേ ഭിന്നകൃതി അഷ്ട എട്ടെണ്ണം പറഞ്ഞു പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ വെച്ചാൽ ഭൂമി വെച്ചാൽ മൂക്കാണ് മണക്കുക ആപ വെള്ളമെന്ന് വെച്ചാൽ രുചിയാണ് അപ്പൊ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക മനഹ സങ്കൽപ്പിക്കുക അഹങ്കാരം അഭിമാനിക്കുക ബുദ്ധി വിവേചനം ചെയ്യുക ഇതൊക്കെ കൂടെ അപരാപ്രകൃതിയാണ് നമ്മളുടെ ലോകം ജീവിതം സംസാരം എന്നൊക്കെ പറയണം ഈ അപരാപ്രകൃതി ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ ചേർത്തു അപരാ നികൃഷ്ട അനർത്ഥകാരിണി സർവാനർഥകാരിണി സകല ദുഃഖത്തിന്റെയും ഹേതു ആണത് എന്നുവെച്ചാൽ ഞാൻ പെട്ടിരിക്കുകയാണ് പുറത്തു വരാൻ വഴിയില്ല ജയിലിൽ ഒരാൾ കമ്പിയിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എനിക്ക് തുറന്നു വിടൂ ഈ ജയിലിന് നോക്കുമ്പോ പൂട്ടും കാണാനില്ല ഒന്നും കാണാനില്ല ഈ ജയില് മുമ്പിലിരിക്കുന്ന ചുമരിൽ ഈ ജയിലിന്റെ ഇരുമ്പ് വാതിൽ പിടിപ്പിച്ചിരിക്കുകയാണ് ഇയാൾക്ക് ഉള്ളിലെങ്ങനെ കടന്നു എന്നെ പിടിയില്ല ഇയാൾ ഈ കമ്പിയിലൂടെ പുറത്ത് നോക്കി എന്നെ തുറന്നുവിടു തുറന്നു വിടുന്ന് പറഞ്ഞ് പലരും കണ്ട് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് പോയി ഒരാൾ വന്ന് പറഞ്ഞു എന്തിനാ കരയണത് ഇതാ ഈ ജയിൽ വാതിൽ നിന്ന് പുറത്തു വരാൻ വഴിയില്ല അതിനകത്ത് പെട്ടുകിടക്കുക എന്നെ ഇങ്ങനെയും പറന്നിടും അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തിനാ ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ പുറകെ തിരിഞ്ഞു നോക്കൂ പുറകെ തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യം ഈ വാതിലിലൂടെ എനിക്ക് പുറത്തു പോകണ്ടേ ഇടോ ഈ വാതിലൂടെ പുറത്തു പോകാൻ പറ്റില്ല കാരണം ഈ വാതില് ഇവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇത് വാതില് പോലെ ഉള്ളതാണ് വാതിലല്ല ഇതും ഒരു ചുമരാ പുറകോട്ട് നോക്കൂ പുറകോട്ട് നോക്കി എനിക്ക് എന്ത് കിട്ടും താൻ തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഒരു ചുവര് മാത്രമേ ഉള്ളൂ ചുറ്റും ചുവരൊന്നുമില്ല പുറത്തെ സ്വതന്ത്രമാണ് തന്നെ ആരും ബന്ധിച്ചിട്ടില്ല തന്നെ ആരും ജയിലിൽ ഇട്ടിട്ടില്ല താൻ ഇതിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നിടത്തോളം താൻ ജയിലിലാണെന്നുള്ള പ്രതീതി ഉണ്ടാവും രക്ഷപ്പെടാൻ പറ്റില്ല നമ്മുടെ മഹർഷി ഒരു എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു ചിമ്മനി ചിമ്മനിന്ന് പറഞ്ഞറിയോ ചിമ്മനി വിളക്ക് കൊളുത്തിവെച്ചിട്ട് ആ വിളക്കിനെ അടയ്ക്കാനായിട്ട് ഒരു ചിമ്മനി ഉണ്ടായി ആ ചിമ്മനിയുടെ ചുവട്ടിലെ ദ്വാരത്തിലൂടെ ഒരു കുരുവി ഉള്ളിലേക്ക് കടന്നു എന്നിട്ട് ആ കുരുവിയുടെ മുമ്പില് ഒരു കന്നടയുണ്ട് കുരുവി നോക്കുമ്പോൾ പുറത്തു പോകാനുള്ള വഴിയാണെന്ന് വിചാരിച്ച് ഈ കുരുവി ആ കന്നടയിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സാധിക്കണില്ല അത് വന്ന വഴിയും മറക്കുകയും ചെയ്തു ഈ ദ്വാരത്തിലൂടെയാണ് ഉള്ളു കടന്നത് അതിലൂടെ പുറത്തു പോകാൻ വേണമെങ്കിൽ പക്ഷേ അത് മറന്നു അപ്പൊ മഹർഷി ആ ചിമ്മനിയിൽ കുടുങ്ങിയ കുരുവിയെ കാണിച്ചിട്ട് പറഞ്ഞു ഇതുപോലെയാണ് നമ്മൾ വന്ന വഴി മറന്നു ഇല്ലാത്ത ദ്വാരത്തിലൂടെ പുറത്തു പോവാൻ നോക്കുകയാണ് ഇപ്പോ ഏത് വഴിക്ക് ഉള്ളിൽ വന്നു എന്നുള്ളത് മറന്നു ഇല്ലാത്ത ഡോറ് കൂടെ പുറത്തു പോവാൻ നോക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രയത്നം മുഴുവൻ അതാണ് നമ്മൾ നമുക്ക് അറിവുള്ളത് ഇന്ദ്രിയ ആ ഇന്ദ്രിയ മാക്സിമം ഫ്രീഡം സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വഴിയുണ്ടോ എന്നാണ് ഇപ്പൊ നമ്മൾ നോക്കണതേ ആ കുരുവിയെ പോലെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അപ്പൊ അനന്തതയിലേക്ക് പോവുക റോക്കറ്റ് വിടുക പിന്നെ എന്താ സ്പേസിൽ പോവുക അവിടെയൊക്കെ ചുറ്റി നടക്കുക ഇനിയും എന്തൊക്കെയോ വിളിച്ചും പറയുന്നുണ്ട് ശാസ്ത്രം അവര് പറയുന്നതൊക്കെ നമുക്കിപ്പോ പ്രമാണമാണ് എന്താന്ന് വെച്ചാൽ അവര് ശാസ്ത്രജ്ഞന്മാരാണല്ലോ അവര് പറയുന്നതൊക്കെ പ്രമാണമാണ് അതൊക്കെ പറയുന്നതൊക്കെ വിഴുകും പഴയകാലത്ത് ഋഷികൾ പറഞ്ഞതൊക്കെ വിഴുങ്ങി എന്ന് പറയണ പോലെ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതൊക്കെ വിഴുങ്ങും അതെന്താന്ന് വെച്ചാൽ അവരെന്തൊക്കെയോ പറയൂ ഈ സ്പേസ് വികസിക്കുകയാണ് ചുരുങ്ങുകയാണ് നമ്മളുടെ സൗരയൂഥം വികസിക്കുകയാണ് അതൊക്കെ പിള്ളേരെ എഴുതിയിട്ടിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വലിയ കാര്യമാണ് എങ്ങോട് വികസിക്കണു എവിടേക്ക് വികസിക്കുന്നു ഇത് കാണുന്നതാരാ ഈ വികാസമൊക്കെ എന്നിട്ട് അതിലേക്ക് കാക്കയ്ക്കിത്ര പല്ലുണ്ടെന്ന് അന്വേഷിക്കുന്ന പോലെ ഒരു റിസർച്ച് കാകദന്ത പരീക്ഷാരൂപം എന്നാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണുകൊണ്ട് കാണുന്ന അനന്തതയിലേക്ക് പോവുക ശബ്ദങ്ങളുടെ ലോകത്തിലേക്ക് പോവുക ഗന്ധത്തിന്റെ ലോകത്തിലേക്ക് പോവുക രുചിയുടെ ലോകത്തിലേക്ക് പോവുക ഇതിനൊക്കെ ഓരോ ലോകമുണ്ടേ ലോകത്തിൽ ചെന്ന് അതിനകത്ത് ഗവേഷണം ഗവേഷണം പഴയ ഗവേഷണം എന്നുള്ള വാക്കിനെ മോശമായിപ്പോ എന്താന്ന് വെച്ചാൽ ഗവേഷണം എന്ന് വെച്ചാൽ രാവിലെ പശുവിനെ അഴിച്ചുവിടെ അത് ആരുടെയെങ്കിലും തൊടിപ്പോയി തിന്നിട്ട് കിടക്കും വൈകുന്നേരമായ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ആ പശുവിനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഗവേഷണം എന്ന് പേര് ഗോ ഗോ എന്ന് വെച്ചാ പശു അതിനെ അന്വേഷിക്കുക അതോടെ ഗവേഷണം അത് പാലെങ്കിലും കറക്കും ഇതൊട്ടും പാലും കറക്കണില്ല ഇന്ദ്രജാലം പ്രകടനം അറിവിന് വലിയ കാര്യമില്ല അറിവ് ഹിതം ചെയ്യില്ല പ്രിയം ചെയ്യും അറിവിനോട് എനിക്ക് ദ്വേഷമോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിട്ടല്ല പറയണത് നോക്കണം ആ അറിവ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് കാരണമല്ല ആ അറിവ് അപരാവിദ്യയാണ് ഉണ്ടായിക്കോട്ടെ എവിടെ അപരാപ്രകൃതിയിൽ അന്വേഷിച്ചുകൊണ്ടേ പോവാൻ ക്ഷേത്രത്തിലാണ് അന്വേഷണം മുഴുവൻ അതിലെന്ത് കണ്ടുപിടിച്ചാലും യു ആർ വിത്തിൻ ദ ഫീൽഡ് യു ആർ നോട്ട് ഔട്ട് ദ ഫീൽഡ് അതിൽ എന്തൊക്കെ തന്നെ ഇന്ദ്രജാലം കാണിച്ചാലും പിന്നെയും അവസാനം ഒന്ന് ബാക്കി നിൽക്കും എന്റെ പ്രശ്നമൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എനിക്ക് വേണ്ടത് സ്നേഹമാണ് എനിക്ക് വേണ്ടത് ശാന്തിയാണ് എനിക്ക് വേണ്ടത് സംരക്ഷണമാണ് എനിക്ക് വേണ്ടത് ഒരു സംതൃപ്തിയാണ് നിത്യമായ ഒരു വസ്തുവിനെ കണ്ടെത്തിയ സംതൃപ്തി വേണം ശാന്തി വേണം അതൊന്നും വേണമല്ല അതിനെ എവിടെ പോകും അപ്പൊ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സർവാനർത്ഥകാരിണി എന്നൊക്കെ ആചാര്യസ്വാമികൾ പറഞ്ഞത് ഈ അന്വേഷണം ഇന്ദ്രിയ തലങ്ങളിലും മനസ്സിന്റെ തലങ്ങളിലുമൊക്കെ ഒന്ന് വിട്ടിട്ട് ജീവഭൂതാം മഹാബാഹോ ഏദം ധാര്യതേ ജഗത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു ജീവൻ എന്ന് തോന്നുന്ന ഒന്ന് അതാണ് ജീവഭൂതാം എന്ന് പറഞ്ഞത് ജീവനായി വേഷം കെട്ടിയിരിക്കുന്ന ഒരു വസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് സദാ ഞാനുണ്ടെന്നും ഞാനെന്നും ഞാൻ ഞാനെന്ന് സദാ അനുഭവപ്പെടുന്നുണ്ട് അത് ഈ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ജഗത്ത് എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാത്തിനും അത് മൂലകാരണമാണ് അതിനെ ഭഗവാൻ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു അതായത് ക്ഷേത്രത്തിനെ മുഴുവൻ തന്റെ അറിവ് പ്രകാശിപ്പിക്കുന്നവൻ എന്നർത്ഥം ശരീരം ക്ഷേത്രം ഇത്രയും മനസ്സിലാക്കിയാൽ മതി ദേഹം ക്ഷേത്രം ദേഹത്തിനകത്ത് ഞാൻ എന്ന് അനുഭവപ്പെടുന്നത് ക്ഷേത്രജ്ഞൻ ആ ക്ഷേത്രജ്ഞനെ സൂചിപ്പിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ രണ്ടുണ്ട് ക്ഷേത്രവും ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന പോലെയാണ് ഇപ്പൊ തോന്നണത് അടുത്ത ശ്ലോകം നോക്കാം ക്ഷേത്രജ്ഞം ചാപിമാം വി േത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോ ജ്ഞാനം യജ്ഞാനം മതം മമാ ഭഗവാൻ പറയണത് എന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ അറിയേണ്ട രണ്ടു കാര്യം ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചുമാണ് ദേഹത്തിനെക്കുറിച്ചും ിയെക്കുറിച്ചുമാണ് എന്നെക്കുറിച്ചും ഞാൻ കാണുന്ന പ്രപഞ്ചത്തിനെ കുറിച്ചുമാണ് ഇത്രയും എന്റെ അറിയുണ്ടോ ഈ ക്ഷേത്രജ്ഞനായി ഇരിക്കുന്നത് അടുത്ത ശ്ലോകം ഭഗവാൻ പറയണത് ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി എല്ലാ ക്ഷേത്രങ്ങളിലും എന്ന് വെച്ചാൽ എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ട് ഇരിക്കണത് ഹേ അർജുന ജ്ഞാനാണ് അറിഞ്ഞുകൂടാ ഞാൻ എന്നൊക്കെ ഇവിടെ കൃഷ്ണൻ പറയുമ്പോ ജഗത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള ആ പരമാത്മാവ് ബ്രഹ്മം ഭഗവാൻ ഈശ്വരനാണ് ഓരോരുത്തരുടെ ഹൃദയത്തിലും ക്ഷേത്രജ്ഞനായി സർവശരീരത്തിലും ഇരിക്കണത് ഇത് പറയാനാണ് സർവശാസ്ത്രങ്ങളും എല്ലാ ശാസ്ത്രങ്ങളിലെയും പ്രയോജന അവസാനം ഇതാണ് ഭാഗവതം മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണ് ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി ഈശ്വരൻ ഓരോ ശരീരത്തിലും ജീവകലയാ പ്രവേശിച്ചിരിക്കുന്നു അത് കല എന്ന് പറയാൻ കാരണം ഇപ്പൊ കലയായിട്ട് തോന്നുന്നു നമുക്കത് ആകാശത്തിന് നേരെ ഒരു തുണി പിടിച്ചിട്ട് ആ തുണിയിലൊരു ചെറിയ ദ്വാരം ആ ദ്വാരത്തിലൂടെ കാണുന്ന ആകാശത്തിനെ കാണിച്ചിട്ട് അത് ആ ദ്വാരത്തിന്റെ ഉള്ളിലുണ്ടല്ലോ അതാണ് ആകാശം എന്ന് ഞാൻ പറയണ തവളയുടെ കഥ ഓർമ്മിച്ചാൽ മതി കെറ്റിക്കിടക്കുന്ന തവിള പറഞ്ഞു അതിന് ഈ കെണർ മാത്രമേ അറിയുള്ളൂ പുറമേ നിന്നും ഒരു തവള അതിലേക്ക് ചാടി കെന്റ് കിടക്കുന്ന തവള ചോദിച്ചു ആരാ നിങ്ങൾ എവിടുന്നാ വരുന്നത് കസ്ത്വം കുത ആയാത അപ്പൊ വന്ന തവള പറഞ്ഞു ഞാൻ സമുദ്രത്തുനിന്ന് വരികയാണ് സമുദ്രമോ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ധാരാളം ജലമുള്ളതാണ് സമുദ്രം അപ്പൊ ഇത് അവളെ പറഞ്ഞു ജലം ഇത്ര ഉണ്ടാവുമോ ഏ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ എത്ര ഉണ്ടാവുമോ കൈ നീട്ട് ഇത്ര ഉണ്ടാവുമോ അത് അവളെ സമ്മതിക്കണേയില്ല അത് കൈ നീളണേ ഇല്ല അത് അവളേക്ക് എന്നാൽ അത്രയൊന്നും ജലം സമ്മതിച്ചു കൊടുക്കാൻ അവളെ തയ്യാറല്ല സാധാരണ മനുഷ്യനും അങ്ങനെയാണ് ആനന്ദത്തിന് അവന്റെ പരിമിതമായ ബുദ്ധിയും മനസ്സും കൊണ്ടുവെച്ചുകൊണ്ട് അളക്കാനാണ് ശ്രമിക്കുന്നത് ബ്രഹ്മാനന്ദം എന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാവും ഇത്ര ഉണ്ടാവുമോ എത്ര ഉണ്ടാവുമോ എന്തിനോടെങ്കിലും ഉപമിക്കണമോ അവന് എങ്ങനെ ഉണ്ടാവും അത് അപ്പോ സമുദ്ര തവിള പറഞ്ഞു ഉപമിക്കാൻ സാധ്യമല്ല ഈ കിണറിന്റെ ഉണ്ടാവുമോ അത് അവസാനമാണ് ചോദിക്കുന്നത് എന്റെ കിണറിനേക്കാളും വലുതായിട്ടൊന്നുമില്ല എന്ന് ധരിച്ചിരിക്കുന്ന ആ തവള ചോദിക്കുകയാണ് എത്ര മുകളിലുള്ള ആകാശം കാണിച്ചു കൊടുത്തു ആ ആകാശം കാണണില്ലേ അതിനോടെ ഉപമിക്കാൻ ഒക്കൂ അങ്ങനെ പറയ ആകാശമേ കെനറ്റിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും നോക്കും നോക്കുമ്പോ ആകാശം കെനറ്റിന്റെ പാരപ്പറ്റുവാളുടെ ഉള്ളിലല്ലേ വട്ടക്കെട്ടിന്റെ ഉള്ളിലല്ലേ കാണുന്നത് സത്യമാണ് തവളയുടെ ദർശനം അസത്യമാണ് തവള കെനറ്റിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഉള്ള നോക്കുമ്പോ ആകാശം കെനറ്റിന്റെ ഉള്ളിലാണ് അതേപോലെ നമ്മളും നമ്മളുടെ പരിഛിന്നമായ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ആത്മാ എന്റെ ഉള്ളിലാണ് എന്നുറിയണം ശരി അങ്ങനെ തന്നെ ധരിച്ചുകൊള്ളാം വരൂ ആ കിണറ്റിന്റെ ഉള്ളിലുള്ള ആകാശത്തിന് ഒന്ന് കണ്ടുകളയാവും എന്ന് പറഞ്ഞ് തവളയെ പിടിച്ചുകൊണ്ട് ഈ കിണറ്റിൽ നിന്നും പുറത്തു കൊണ്ടുപോവുക ആ കിണറ്റിന് മൂന്ന് വട്ടക്കെട്ടാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് വട്ടക്കെട്ടും കയറി പുറമേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് ആ തവള ചിതാകാശം കാണുന്നത് ആകാശത്തിലാണ് കിണറിൽ ഒഴിക്കുന്നത് കിണറ്റിലല്ല ആകാശം അതേപോലെ നമ്മളുടെ അകത്ത് ജീവഭൂതമായി അനുഭവരൂപത്തിൽ സദാസിദ്ധമായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ എന്ത് അടുക്കളപ്പണി ചെയ്യുമ്പോഴും ഒക്കെ കാണാം എന്താ സെന്റർ ഇവിടെയാണോ ഞാൻ കാണുന്നു ഈ കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു പ്രപഞ്ചം മുഴുവൻ എന്റെ മുമ്പിൽ പെടുന്നു കാണുന്നു ആ ക്ഷേത്രജ്ഞൻ നിങ്ങളൊക്കെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഭക്തി ചെയ്യുന്ന ഗുരുവായൂരപ്പൻ അനന്തപത്മനാഭസ്വാമി പറയണു ഞാനാണ് അവിടെ ഇരിക്കുന്നത് എന്നാണ് ആ ഭഗവാനെ വിട്ടിട്ട് പുറമേക്ക് ഗോഷ്ഠി കാട്ടിയാൽ കുരുദേ അർച്ചാ വിടംബനം എന്നാണ് ഭാഗവതത്തിൽ ഭഗവാൻ പറയണത് അവൻ ഗോഷ്ഠി കാണിക്കുകയാണെന്നാണ് എന്നെ അകമേക്ക് ശ്രദ്ധിക്കാനാണ് മുഖ്യം അതിന് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ പതുക്കെ ഈ ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെ ശ്രദ്ധിക്കണം അത് സിദ്ധവുമാണ് അതിലിരുന്നു കൊണ്ടാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ജീവാംശം അവിടെ നിന്ന് ചിത്തവൃത്തികൾ ആഗ്രഹങ്ങൾ ഒക്കെ പൊന്തുണം ഉപനിഷത്ത് പറയണ ഒരു അഗ്നിയിൽ നിന്നും സ്പുലിംഗങ്ങൾ പൊന്തുന്ന പോലെ ആ സെന്റർ ആ കോൺഷ്യസ് സെന്ററിൽ നിന്നും ചിത്തവൃത്തികളും പ്രാണനും ഒക്കെ പൊന്തുന്നു വാസ്തവത്തിൽ ശരീരം പൊന്തുന്നു പ്രപഞ്ചമൊക്കെ അതിലിരുന്ന് കാണുന്നു ആ കോൺഷ്യസ് സെന്റർ ദേഹത്തിന്റെ ഉള്ളിലല്ലായിരിക്കുന്നത് അത് സാക്ഷാത് ഭഗവത്വത്വമാണ് അത് ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള സെന്ററിൽ ഞാൻ അനുഭവിക്കുന്നു പക്ഷേ അതിനെ തൊട്ടുകഴിഞ്ഞാൽ അതിലാണ് എല്ലാ ശരീരങ്ങളും നൂലിൽ മുത്ത് എന്നുപോലെ കോർക്കപ്പെട്ടിരിക്കുന്നത് നൂലിൽ മുത്തുകൾ എന്ന പോലെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ എക്സിസ്റ്റൻസ് അസ്തിത്വമാത്രമായ ഒരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിനെ ഞാൻ തൊട്ടാൽ ഞാൻ എന്റെ ഉള്ളിലല്ല തുടർന്നത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് തുടർന്നത് അഗ്നിർമൂർധ ചുഷീ ചന്ദ്രസൂര്യൗ ദിശ്രോത്രേ വാഗ് വിവൃതാശ്വേദാ വായുപ്രാണോ ഹൃദയം വിശ്വമസ് പദ്ഭ്യം പൃഥി സർവഭൂതാന്തരാത്മാ അയാൾക്ക് അഗ്നിമൂർധാവും സൂര്യചന്ദ്രന്മാര് രണ്ട് കണ്ണുകളും ദിക്കുകൾ ശ്രോത്രവും ഹൃദയം വിശ്വമും കാളിൽ ഭൂമിയും ആയിട്ട് തീരുന്നു സർവഭൂമി ഉപകരണങ്ങളാണ് ആ ഉപകരണങ്ങൾ ഭഗവത് തത്വത്തിനെ അറിയാൻ ഡയറക്റ്റായിട്ട് പ്രയോജനപ്പെടില്ല ഭഗവത് സാക്ഷാത്കാരത്തിന് രണ്ടു മാർഗമുണ്ട് ഒന്ന് മനസ്സിനെ ഉപയോഗിച്ച് ഏകാഗ്രപ്പെടുത്തി യോഗസാധനകളൊക്കെ അനുഷ്ഠിച്ച ഒരു മാർഗം സഹജമായ ലോകത്തിൽ പ്രചാരത്തിലുണ്ട് ശരീരത്തിന് ഉപയോഗിച്ച് നമസ്കാരം പൂജ ഒക്കെ ചെയ്ത് വേറെ ഒരു മാർഗമുണ്ട് മനസ്സിനെയോ ശരീരത്തിനെയോ ആശ്രയിക്കാത്ത മാർഗം നാരായണീയത്തിൽ ബട്ടഗിരി പറഞ്ഞൊരു ശ്ലോകത്തിനെ അങ്ങനെയും പറയാം ഏവം ദുർലഭ്യവസ്തുപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാചാ ധിയ വജതി ബതജന വസ്തു കയ്യിൽ കിട്ടിയിരിക്കുമ്പോ ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഉപയോഗിച്ചുകൊണ്ട് ബാഹ്യമായി പലതിനെയും ചെയ്യുന്നത് ക്ഷുദ്രതയാണ് ഏതേതാവത് വയം തു സ്ഥിരതര മനസ വിശ്വപീഡാപഹത്യൈ ആ വാക്കുകളൊക്കെ നോക്കണം എന്താ വിശ്വപീഠ എങ്ങനെ എന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്താൽ വിശ്വപീഡ പോകുവോ വിശ്വമെന്നുള്ളത് ദേഹസംബന്ധമാണോ ദേഹമില്ലാതെ ലോകത്തിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ ഈ ഫിലോസഫിയൊക്കെ നിങ്ങളെടുത്താൽ പൊതുപ്രവർത്തനമൊക്കെ അപെട്ടം നിന്നുപോകും കാരണം എന്റെ സെന്റർ ശരിയായാൽ സമൂഹമൊക്കെ ശരിയാവും ദൃഷ്ടി ശരിയാക്കിയാൽ ദർശനം ശരിയാവും ദൃഷ്ടി ജ്ഞാനമയമായാൽ ദൃശ്യം ബ്രഹ്മമയമാവും അല്ലാതെ ദൃശ്യത്തിനെ ശരിയാക്കിയാൽ ദ്രഷ്ടാവ് ശരിയാവില്ല കണ്ണാടി നോക്കിയിട്ട് മുഖത്താണ് ഷേവിംഗ് നടത്തുന്നത് കണ്ണാടിയിലല്ലോ അല്ലെ കണ്ണാടി നോക്കിയിട്ട് ഇവിടെയാണ് തല ചെയ്യുന്നത് കണ്ണാടിയിലല്ലോ അതുപോലെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി വിശ്വം കണ്ണാടിയാണ് ഞാൻ കാണുന്നവനാണ് കാണുന്നവന്റെ ഒരു പ്രതിഫലനവുമാണ് വിശ്വം വിശ്വം എന്ന് വെച്ചാൽ അമേരിക്കയോ ആഫ്രിക്കയോ പുറത്തുള്ള ഗ്രഹങ്ങളുമല്ല നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ നിങ്ങളുടെ പ്രതിഫലനമാണ് തത്വം സ്വീകരിച്ചാൽ നമുക്ക് ആരെയും കുറ്റം പറയാനില്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറ്റം പറയാനില്ല ഭർത്താവിന് ഭാര്യയ്ക്ക് ഭാര്യയെ കുറ്റം പറയാനില്ല അച്ഛനോ മക്കൾ അമ്മയ്ക്കോ കുട്ടികളോ കുറ്റം പറയാനില്ല കാരണം അതൊക്കെ എന്റെ പ്രതിഫലനമാണ് അവരിൽ വിപരീതമായിട്ട് എന്തെങ്കിലും കണ്ടാൽ അതിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു എലമെന്റ് എന്റെ ഉള്ളിലുണ്ടാവണം ഇല്ലെങ്കിൽ അവരങ്ങനെ പ്രവർത്തിക്കില്ല ഈ സിദ്ധാന്തം വെച്ചുകൊണ്ടൊന്ന് പെരുമാറി നോക്കൂ ലോകത്തിൽ എന്തെങ്കിലും അവരെന്തുകൊണ്ടങ്ങനെ ജനിച്ചു ആദ്യം ഇങ്ങനെ ചോദിച്ചാൽ മതി കുറ്റം പറയണതിന് പകരം എന്റെ മകൻ ശരിയില്ല എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് ഭഗവാനെ എനിക്ക് അങ്ങനെ ഒരു മകൻ ജനിച്ചു അതിന് അയാളുടെ പ്രവൃത്തിക്കനുസരിച്ച് കറസ്പോണ്ടിംഗായി എന്റെ ഉള്ളിൽ വികാരം ഉണ്ടാവണ്ടല്ലോ ആ വികാരത്തിന്റെ ഹേതു എന്ത് എന്ത് ചിന്തിച്ചാൽ കാണാം എന്റെ ഉള്ളിലുള്ള ഏതോ ഒരു ബാഹ്യമായ അവതാരമാണ് അവൻ ഇവിടെ ശരിയാക്കിയാൽ ഒന്നിൽ അവിടെ ശരിയാവും അല്ലെങ്കിൽ ആസക്തി വിട്ടുപോകും രണ്ടായാലും ലോകത്തിന് ഇങ്ങനെ വേണം സാമൂഹിക പരിഷ്കരണം നടത്താൻ അല്ലാതെ പുറമേക്ക് പറഞ്ഞിട്ടല്ല സാമൂഹിക പരിഷ്കരണം നടത്തേണ്ടത് പരിഷ്കരിച്ചുകൊണ്ടാണ് പറയേണ്ടതൊക്കെ പറയാം ചെയ്യേണ്ടതൊക്കെ ചെയ്യാം പക്ഷെ ആളുകൾ നന്നാവണം ഞാൻ പറഞ്ഞത് കേൾക്കണം നിർബന്ധമൊന്നുമില്ല അവരിൽ എന്തെങ്കിലും കുഴപ്പം കണ്ട് ഞാൻ ഡിസ്റ്റർബായാൽ എന്റെ ഉള്ളിലുള്ള ഡിസ്റ്റർബൻസാണ് ഞാൻ മാറ്റേണ്ടത് കാരണം അവര് എന്റെ ഉള്ളിലുള്ള എന്തോ ഒരു ബാഹ്യരൂപം മാത്രമാണ് അപ്പൊ വിശ്വം എന്ന് പറയണത് കറസ്പോണ്ടിംഗ് ആയി എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ വിശ്വത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ക്ഷേത്രജ്ഞനായ ഞാൻ സെന്ററാണ് ഞാൻ എന്നുള്ള സെന്ററിൽ നിന്നുകൊണ്ടു വേണം അധ്യാത്മജീവിതം നടത്താൻ ശരീരത്തിൽ നിന്നുകൊണ്ടോ മനസ്സിൽ നിന്നുകൊണ്ടോ അല്ല അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് അരേ അയം ആത്മാ ദ്രഷ്ടവ്യ ആത്മാവിനെ കാണേണ്ടിയിരിക്കുന്നു പ്രിയമേ അതിന്റെ സ്വരൂപമാണ് അതിനെ എങ്ങനെ കാണും അതിന്റെ ലക്ഷണം എന്താ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാണത് പ്രജ്ഞാനം എന്ന് വെച്ചാൽ എന്താ ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ സഹായം കൂടാതെ ഏതൊരു അറിവുണ്ടാവൂ ആ അറിവിനാണ് പ്രജ്ഞാനം എന്ന് പേര് ഒരുപാട് കട്ടികൂടുണ്ടോ സാരമില്ല ഒത്തിരി ദഹിക്കട്ടെ ഉള്ളിൽ പോട്ടെ പ്രജ്ഞാനം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ പിൻബലം ഒന്നും ആവശ്യപ്പെടാതെ സ്വയം പ്രകാശിക്കുന്നതിനാണ് പ്രജ്ഞാനം എന്ന് പറയണത് അതിനെ എവിടെ കണ്ടെത്തും അഹം ബ്രഹ്മാസ്മി ഞാൻ എന്ന അനുഭവത്തിലാണ് അതിനെ കണ്ടെത്തട്ടത് പ്രജ്ഞാനത്തിന് നമ്മളുടെ ഉള്ളില് ഞാൻ എന്ന സെന്ററിൽ നമ്മൾ ദുരം അനുഭവിക്കുന്നുണ്ട് നിരന്തരം ആ സെന്റർ മാത്രമാണ് സ്വതസിദ്ധം ബാക്കിയൊക്കെ നമ്മളുടെ മുമ്പിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ അറിയണമില്ല ഈ സെന്ററിനോട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ എന്റെ ഉള്ളിൽ മാത്രമല്ല എല്ലാവരുടെ ഉള്ളിലും ഒരു ഭാര്യയും ഭർത്താവും നാൽപ്പത് വർഷമായി വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നു നാൽപ്പത് വർഷമായും ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഒരേ ആളോട് സംബന്ധപ്പെടുന്ന ഒരു അനുഭവമാണ് അല്ലെ ഒന്ന് ആ സെന്ററിനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം നമ്മൾ ബുദ്ധിയുടെ മണ്ഡലത്തേക്ക് വരരുത് എനിക്ക് എന്റെ അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരേ ഫീലിംഗ് ആണ് ഒരേ അനുഭവമാണ് അല്ലേ ആദ്യമൊക്കെ വേണമെങ്കിൽ കണ്ണൂർ മൂക്കുമൊക്കെ നോക്കുമായിരിക്കും കുറച്ച് ദിവസത്തേക്ക് പിന്നെ കഴിയുമ്പോൾ അതൊരനുഭവമായിട്ട് മാറും വേറെ എവിടെയുമാണ് ബന്ധം ആ ബന്ധപ്പെടുന്ന സെന്ററിൽ ഒരു മാറ്റവും ഇല്ല എന്നാ ഓർത്ത് നോക്കൂ ഞാൻ പറയണത് നിങ്ങൾ ആന്തരികമായി ഓർത്താലേ ഇത് പിടികിട്ടുകൊള്ളൂ ഒരു അമ്മയും മകനും മകനെ അമ്മയെ ഓർക്കുമ്പോ അമ്മ ഒരു സ്ത്രീയോ അമ്മയെ ശരീരമോ ഒന്നുമല്ല ഒരു അനുഭവമാണ് ആ അനുഭവത്തിൽ മാറ്റമേയില്ല പക്ഷേ അമ്മയുടെ ഒരു പത്തിരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള ഫോട്ടോ എടുത്തു നോക്കിയാൽ ആ ശരീരമേ ഇപ്പില്ല അങ്ങുള്ള അമ്മയുടെ മനസ്സിപ്പില്ല അങ്ങുള്ള വികാരവും ബുദ്ധിയും ഒന്നുമല്ല ഇപ്പോ ഒക്കെ മാറിയിരിക്കുന്നു എന്നിട്ടും എനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഏർപ്പെടുന്ന അനുഭവം എന്റെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എനിക്ക് ഏർപ്പെട്ടിട്ടുള്ളതാണ് ആ ടേസ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻ ഒരേ സെന്ററിലേക്കാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന സെന്ററിൽ ഒരാൾ ഞാൻ നിങ്ങളെ അനുഭവിക്കുന്ന സെന്ററിൽ മാറ്റമല്ല കാണുന്ന സെന്റർ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആൽബം എടുത്തു നോക്കിയാൽ ഭർത്താവ് മാറിപ്പോയിരിക്കുന്നു ആ ഭർത്താവ് ഇല്ലപ്പോ ശരീരത്തിൽ ഓരോ കോശവും മാറിയിരിക്കുന്നു പക്ഷെ എനിക്ക് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അനുഭവം ഒരേ അനുഭവമാണ് നമ്മൾ എന്തിനെ അനുഭവിക്കുന്നു അതിനെ കാണുന്നില്ല എന്തിനെ കാണുന്നുവോ അതിനെ അനുഭവിക്കുന്നുമില്ല ചുരുക്കത്തിൽ എല്ലാവരും ആത്മദർശികളാണ് ജ്ഞാനിയുടെ ദർശനം പുതിയതായിട്ടൊന്നുമില്ല രമണ മഹർഷിയോട് ആരോ ചോദിച്ചു ജ്ഞാനികൾ എല്ലാരെയും ആത്മാവായി കാണുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ എന്താണ് കാണുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് കാണണോ അതേ ഞാനും കാണുകയുള്ളൂ പക്ഷെ നിങ്ങൾ എന്നെക്കാളും കുറച്ച് കൂടുതൽ കാണുന്നുണ്ട് അത്രേ ഉള്ളൂ ഞാൻ അതിനെ മാത്രമേ കാണുള്ളൂ നിങ്ങൾ അതിന്റെ മേലെ ദേഹം മനസ്സ് അഹങ്കാരം ബുദ്ധി പിന്നെ ജാതി വർണ്ണം മതം ജോലി സ്ത്രീ പുരുഷൻ ഒക്കെ കരുതി വെച്ച് കാണുന്നുണ്ട് ഞാൻ ആ വസ്തുവിനെ വെച്ചാൽ വസ്തുവിനെ മാത്രമേ കാണുന്നുള്ളൂന്ന് വെച്ചാൽ ഈ കാണുക എന്നുള്ള വാക്കാണ് തെറ്റ് കണ്ണുകൊണ്ടാണല്ലോ കാണൽ കാണൽ അല്ല അവിടെ കമ്മ്യൂണിക്കേഷനാ ഹൃദയം ഹൃദയത്തിനോടുള്ള ബന്ധമാണ് അതെല്ലാവർക്കും ഉണ്ട് ഞാനീ പുതിയതായിട്ട് ഒരു ദിവസം ഒരു ലൈറ്റ് വന്നിട്ട് ഉണ്ടാവുന്നതല്ല ജ്ഞാനിയുടെ ജ്ഞാനം ജ്ഞാനത്തിന് മുമ്പുമുണ്ട് മനസ്സിലാവണ്ടോ ജ്ഞാനീയുടെ ജ്ഞാനം സാക്ഷാത്കാരത്തിന് മുമ്പുമുണ്ട് സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ ഞാനീ ആശ്ചര്യപ്പെടും ഇത്ര കാലവും ഉണ്ടായിരുന്നത് തന്നെയാണല്ലോ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ലേ ഉള്ളൂ എന്നാണ് പുതിയതായിട്ട് ഉണ്ടായതല്ല എന്നുവെച്ചാൽ നമ്മളിൽ ഇപ്പോഴും ആ പൂർണതയുടെയും ജീവൻമുക്തിയുടെയും ഒക്കെ അനുഭവം ബീജരൂപത്തിൽ അല്ലെങ്കിൽ അവ്യക്ത രൂപത്തിൽ കിടപ്പുണ്ട് നമ്മളുടെ ശ്രദ്ധ ആ നിധിയിൽ പോകുന്നതിന് പകരം ശ്രദ്ധ നമ്മളുടെ മനസ്സിലും ബുദ്ധിയിലും നമ്മളുടെ ആഗ്രഹങ്ങളിലും നമ്മളുടെ തീരുമാനത്തിലും നമ്മളുടെ പുറമേക്കുള്ള വിഷയങ്ങളിലുമൊക്കെ ആവുമ്പോ നമുക്ക് കാര്യം ജന്മജന്മങ്ങളായി ഒരു സാമ്രാജ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ അതെന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ ശ്രദ്ധ അതിലേക്ക് പതിക്കാൻ വേണ്ടി മാത്രമാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞയോഹോ ജ്ഞാനം യത്തജ്ഞാനം മതം മമ ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും പിരിച്ച് അറിയുക അതിന്റെ സ്ഥൂല ദൃഷ്ടിയിൽ പറഞ്ഞാൽ ദേഹം ഞാനല്ലെന്നും ദേഹസംബന്ധമാണ് പ്രപഞ്ചം ദേഹത്തിന് വിട്ട് ആരെങ്കിലും ലോകത്തിനെ കാണുമോ കണ്ടിട്ടുണ്ടോ മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ലോകം കാണുന്നതേ ദേഹം വിട്ട് ആരും ലോകം കണ്ടുണ്ട് ദേഹം വിനാ പഞ്ചവിതം തദ്ദേശം ഈ പഞ്ചകോഷാത്മകമായ ദേഹമില്ലാതെ ഒരു ലോകം കാണാൻ പറ്റില്ല ദേഹത്തിന്റെ ഉള്ളിലിരുന്നാണ് കാണുന്നത് മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ അതിനു പറ്റിയ ലോകം ദേവശരീരത്തിലാണെങ്കിൽ അദേവലോകം അസുരശരീരത്തിലാണെങ്കിൽ അസുര ലോകം എല്ലാം അവരവരുടെ ശരീര ശരീരം സ്വീകരിക്കുന്നതിനനുസരിച്ച് ലോകം ഈ ശരീരം വിട്ട് ഈ ജന്മം മുഴുവൻ അമേരിക്കയിൽ പോകണം സാധിച്ചില്ല എന്ന് വിചാരിച്ചു മരിച്ചുപോയി അടുത്ത ജന്മം അവിടെ പോയി ജനിച്ചു അവിടെ ഒരു ലോകം ടൈം സ്പേസ് ഒന്നുമില്ല ടൈം സ്പേസൊക്കെ ഭ്രമമാണ് ഇവിടുന്ന് അടുത്ത ക്ഷണം അവിടെ പോയി ജനിച്ചു അമേരിക്ക മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതാണ് വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് ആരോ പറഞ്ഞു അറിയാൻ അമേരിക്ക എന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു തരണു ഐ ആം അമേരിക്ക ഇസ് ഇൻ മീ തെറ്റിദ്ധാരണ എവിടെ ഉണ്ടാവും അറിയോ ഈ ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചിട്ട് അമേരിക്ക ഇസ് ഇൻ മീ എന്ന് പറഞ്ഞ ഭ്രമാവും ശരീരമടക്കം ഉള്ളതാണ് ലോകം ശരീരവും ലോകവും ഒരേ സമയത്ത് അനുഭവമണ്ഡലത്തിൽ പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ദിവസം ഉറങ്ങുമ്പോൾ ശരീരവും ലോകവും മറഞ്ഞു പോകണം ഉണരുമ്പോ ശരീരവും ലോകവും പൊന്തുന്നു ശരീരത്തിലൂടെയാണ് ലോകത്തിനെ കാണുന്നത് ഒരു ബൈനാക്കുലർ വെച്ച് കാണുന്ന പോലെ ദേഹമാവുന്ന ബൈനാക്കുലറിലൂടെയാണ് ലോകം കാണുന്നത് അപ്പൊ ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം ക്ഷേത്രത്തിൻ ക്ഷേത്രജ്ഞനെ ഉണരുന്നവരെയും ക്ഷേത്രജ്ഞനെ എങ്ങനെ ഉണരും ക്ഷേത്രജ്ഞനെ ക്ഷേത്രജ്ഞനായിരുന്നു കൊണ്ട് ഉണരണം വിളക്കിനെ വിളക്ക് കൊണ്ട് തന്നെ കാണണം മറ്റൊരു വിളക്ക് വേണ്ടാലോ ടോർച്ച നോക്കണോ വിളക്കിനെ ക്ഷേത്രജ്ഞൻ സ്വയം പ്രകാശിയാണ് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പ്രഥമ ശ്ലോകത്തിൽ സ്വരാട് എന്ന് പറഞ്ഞത് അഭിജ്ഞാ സ്വരാട് അഭിജ്ഞാന്ന് വെച്ചാൽ ക്ഷേത്രജ്ഞർത്ഥം സ്വരാട് എന്ന് വെച്ചാൽ സ്വയം പ്രകാശം സ്വയം പ്രകാശിക്കുന്നതാണ് ഈ ക്ഷേത്രജ്ഞൻ അഹം എന്ന അനുഭവ രൂപത്തിൽ നമുക്കുണ്ട് ക്ഷേത്രജ്ഞൻ ക്ഷേത്രം ഇപ്പൊ ഭഗവാൻ പറയണത് ശരി ക്ഷേത്രം ക്ഷേത്രജ്ഞൻ രണ്ട് കാര്യം പറഞ്ഞു ഇപ്പൊ ക്ഷേത്രത്തിനെ ആദ്യം വർണ്ണിക്കുകയാണ് ഭഗവാൻ അതിനിടയിൽ ആചാര്യസ്വാമികളുടെ ഭാഷ്യം വളരെ നീണ്ട ഭാഷ്യാണ് ഈ ക്ഷേത്രക്ഷേത്രജ്ഞ അധ്യായ യോഗത്തിൽ നമുക്കതൊന്നും പ്രസക്തമല്ല ഇപ്പോഴേക്ക് ക്ഷേത്രത്തിനെയാണ് ഭഗവാൻ ആദ്യം പറയണത് നമ്മളുടെ ശരീരം മനസ്സ് പ്രപഞ്ചം അടുത്ത ശ്ലോകം നോക്കുക यद्विकारी यद सचयो यद यद इदं തേത്രംയാദൃക്തശ്ശോ യശ്ചേ ശൃതിഷ്ടദം इदं തരാമൃശതിച്ചേത്രം ഈ ക്ഷേത്രം എങ്ങനെയുള്ളതാണ് ഈ ശരീരത്തിന്റെ ക്ഷേത്രത്തിന് യദ് വികാരി യഹാ വികാര ആ ക്ഷേത്രത്തിന്റെ സ്വഭാവം എന്താണ് റിസർച്ച് നമ്മളുടെ സയൻസിന്റെ മുഴുവൻ റിസർച്ച് ക്ഷേത്രത്തിലാണല്ലോ ഈ ക്ഷേത്രം യച്ച് എന്താണ് അതെങ്ങനെ സ്വഭാവത്തോടു കൂടിയാണ് യദ് വികാരി അതിന് എന്തെന്ത് വികാരങ്ങളുണ്ട് അത് എവിടുന്നുണ്ടാ യത സചയോ യത് പ്രഭാവശ്ച അതെങ്ങനെയുള്ള പ്രഭാവത്തോടുകൂടിയാണ് സഹാചയ ക്ഷേത്രജ്ഞ നിർദ്ദിഷ്ട സഹായത് പ്രഭാവ ആ ക്ഷേത്രജ്ഞന് എന്തു പ്രഭാവമാണോ ഉള്ളത് ക്ഷേത്രമെന്താണ് ക്ഷേത്രജ്ഞൻ എന്താണ് ക്ഷേത്രജ്ഞന് എന്തൊക്കെ പ്രഭാവമാണ് ഇതൊക്കെ പറഞ്ഞുതരാം സമാസേനമേ ശൃണു ഈ അധ്യായം വളരെ പ്രധാന വിഷയം വിഷയി ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ദൃക്ക് ദൃശ്യം എന്നൊക്കെ വേദാന്തത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഗ്രഹിച്ചിരിക്കാം ഞാനെന്നും പ്രപഞ്ചമെന്നും ചുരുക്കത്തിൽ പ്രപഞ്ചത്തിന്റെ ശ്രദ്ധയെ പ്രപഞ്ചത്തിൽ വിടാതെ ആത്മവിചാരശീലരായിട്ടുള്ള ജ്ഞാനികള് ഞാനെന്നുള്ള അനുഭവത്തിന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ക്ഷേത്രത്തിൽ പല വികാരങ്ങളും അലടിക്കും ചുറ്റും ക്ഷേത്രമെന്ന് പറഞ്ഞാൽ എന്റെ ഈ ഞാൻ എന്നുള്ള സെന്ററിലല്ലാതെ മനോമണ്ഡലത്തിൽ ഉള്ളിൽ കണ്ണടച്ചിരുന്നാൽ അവിടെയും അലകളുണ്ട് അല്ലേ കണ്ണടച്ചിരുന്നാൽ കണ്ണടയ്ക്കണത് കൊണ്ട് മനസ്സടയ്ക്കണില്ലല്ലോ അതുകൊണ്ട് കണ്ണടച്ചാലും പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടുന്നില്ല മെഡിറ്റേഷനാണെന്ന് പറഞ്ഞ് കണ്ണടച്ചാലും ശ്രദ്ധ എവിടെയാ മനസ്സിലാകണം മനസ്സിൽ അലയടിക്കുന്നുണ്ട് ശരീരത്തിൽ ഓരോ കോശങ്ങളിലും അലയടിക്കുന്നുണ്ട് ചുറ്റും വ്യക്തിവികാരങ്ങൾ അലയടിക്കുന്നുണ്ട് എന്റെ ചിത്തം പുറമേക്ക് പ്രവഹിക്കുകയും പുറമേ വസ്തുക്കൾ എന്റെ ഉള്ളിലേക്ക് വരികയും ഈ ആക്ഷൻ റിയാക്ഷൻ ആകർഷണ വികർഷണ മണ്ഡലമാണ് ക്ഷേത്രം ഇതിനകത്ത് ഇരിക്കുന്നിടത്തോളം എനിക്ക് നിത്യനിരന്തരമായ ശാന്തിയില്ല അപ്പോ ഋഷികൾ അല്ലെങ്കിൽ ഒരു സദ്ഗുരു അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പോ ഈ ആകർഷണ വികർഷണ മണ്ഡലത്തിനെ വിട്ടിട്ട് സംഘർഷണം ചെയ്യൂ എന്നാണ് വേദത്തിലുള്ളൊരു പദമാണ് സംഘർഷണം ഭഗവാന് തന്നെ സംഘർഷണമൂർത്തി എന്ന് ഒരു പേരുണ്ട് ഭാഗവതത്തിലൊക്കെയുണ്ട് ജ്ഞാനസ്വരൂപനായ മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി പോലെ തന്നെ സംഘർഷണമൂർത്തി യോസാവാദിത്യ പരമപുരുഷ സയേഷരുദ്ര സങ്കർഷണമൂർത്തിസ്വരൂപ സംഘർഷണമൂർത്തിസ്വരൂപനാണ് ഭഗവാൻ അപ്പൊ സംഘർഷണമെന്ന് വെച്ചാൽ ആകർഷണ വികർഷണ മണ്ഡലങ്ങളെ ഉപേക്ഷിച്ച് അതിനു പുറകിൽ ഞാനെന്ന അനുഭവത്തിനെ പതുക്കെ ഞാൻ ശ്രദ്ധിച്ചു ക്ഷേത്രത്തിൽ അനേക വികാരങ്ങളുണ്ട് അതാണ് യദ് വികാരി അതൊക്കെ വർണ്ണിച്ചു തന്നിട്ട് യത് പ്രഭാവശ്ചാവം ക്ഷേത്രത്തിന്റെ അല്ല ക്ഷേത്രജ്ഞന്റെയാണ് മുത്തിന്റെ അല്ല സദ്ഗുണങ്ങളൊക്കെ ചരടിന്റെയാണ് ദുർഗുണങ്ങളൊക്കെ മുത്തുകളുടെയാണ് ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു സൂത്രേ മണികണായിവ് അതായത് ഒരു നൂലില് മുത്തുകൾ കോർക്കപ്പെടുന്ന പോലെ ഒരു അസ്തിത്വത്തിൽ ഒരു സച്ചിദാനന്ദമയമായ വസ്തുവിൽ ശരീരങ്ങളൊക്കെ കോർക്കപ്പെട്ടിരിക്കുന്നു നൂല് പറയുമ്പോൾ ആ ഉദാഹരണമൊന്നും ശരിയാവില്ല ഈ ഇലക്ട്രിസിറ്റി എന്നൊക്കെ ഉദാഹരണ ആത്മാവിനൊക്കെ ഇലക്ട്രിസിറ്റിയൊക്കെ പറഞ്ഞാൽ അത്യാപകടമാണ് കേൾക്കുമ്പോൾ നല്ല സുഖമായി നല്ല ഉദാഹരണമായിട്ട് തോന്നും പക്ഷെ അത് ജഡശക്തിയാണ് മനസ്സ് തന്നെ ജലശക്തിയാണ് മനസ്സിന്റെ ബാഹ്യരൂപമാണ് ഇലക്ട്രിസിറ്റിയൊക്കെ അത് ജഡത്തിന്റെ സന്താനമായ ജലശക്തിയാണ് അതിനൊന്നും അവിടെ ഉദാഹരണമായിട്ട് ചേർക്കാൻ പറ്റില്ല അവിടെ ഉള്ളത് ചിത്ശക്തിയാണ് ഉള്ളിലുള്ളത് ചിത്ശക്തിയാണ് അതിൽ ആനന്ദമുണ്ട് അതിൽ കരുണയുണ്ട് അതിൽ ശാന്തി അതിൽ പ്രിയമുണ്ട് അതിൽ സർവജ്ഞത്വമുണ്ട് സർവശക്തി ഉണ്ട് സംരക്ഷണമുണ്ട് അഭയമുണ്ട് ആനന്ദമുണ്ട് എല്ലാമുണ്ട് അപ്പൊ വേദാന്തികൾ നിർഗുണമെന്ന് പറയണതോ നിർഗുണമെന്ന് പറഞ്ഞാൽ ഇത്തരം ദിവ്യഗുണങ്ങളില്ലാത്തത് എന്നല്ല അർത്ഥം ത്രിഗുണസമ്പർക്കമില്ലാത്തത് എന്നാണ് അർത്ഥം അല്ലവണ് മനസ്സിലാക്കിക്കൊള്ളണം അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവും ത്രിഗുണസമ്പർക്കമില്ലാത്തതെന്നാണ് അർത്ഥം അതായത് അഹങ്കാരമുള്ളത്തോളം സത്വരജസ്തമോ ഗുണങ്ങൾ വരും ആ സത്വരജസ്തമോ ഗുണസമ്പർക്കമില്ലാത്തതും സർവദിവ്യഗുണങ്ങൾക്കും ആസ്പദമായിട്ടുള്ളതും സഹജമായി തന്നെ ദിവ്യഗുണങ്ങൾ അതിന്റെ സ്വരൂപമായിട്ടുള്ളതും ആയ ഈശ്വരൻ ഭഗവാൻ ആ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും സച്ഛിദാനന്ദമായ വസ്തുവായി ചരട് രൂപത്തിൽ കടപ്പുണ്ട് ചരടിനെ തൊട്ടാൽ ഈ ഗുണങ്ങളൊക്കെ ആവിർഭവിക്കും മുത്തിനെ തൊട്ടാൽ എല്ലാ ദോഷങ്ങളും വരും മുത്ത് ദേഹത്തിന്റെയും ചരട് ചൈതന്യത്തിന്റെയുമാണ് ചൈതന്യത്തിന്റെ ചരട് എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ആ സൂത്രം അതുകൊണ്ട് അതിന് സൂത്രം എന്ന് തന്നെ പേര് സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം ഭാഗവതം തന്നെ പറയണ്ട സൂത്രം എന്നും മഹാനെന്നും അഹം എന്നും സൂത്രാത്മാ എന്നും മഹാനാത്മാ എന്നും അഹം ഞാൻ എന്ന അനുഭവം എന്നും ഒക്കെ അതിന് പേര് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സാധനാപഥത്തിൽ വരുമ്പോ സിദ്ധാന്തവശം ഇരിക്കട്ടെ സാധനാപഥത്തിൽ വരുമ്പോ സദാശ്രദ്ധയെ അതിന് ശ്രദ്ധ മാത്രമാണ് അങ്ങോട്ട് പോവാനുള്ള ഒരേ ഫ്ലൈറ്റ് മനസ്സിന് അങ്ങോട്ട് പോവാൻ പറ്റില്ല നിങ്ങളുടെ വികാരമൊന്നും അതിനെ സ്പർശിക്കില്ല ബുദ്ധിയൊന്നും സ്പർശിക്കില്ല കേവല ജാഗ്രതാരൂപമായി ശ്രദ്ധ ശ്രദ്ധ കൊണ്ട് നമ്മൾ പതുക്കെ ശ്രദ്ധിക്കണോ ഈ ഞാൻ എന്താണ് ആരാണ് ഈ ക്ഷേത്രജ്ഞൻ ഇതിനകട്ട് ധ്യാനമല്ല ധ്യാനം എന്ന് പറയുമ്പോ മനസ്സുപയോഗിക്കും ഇതിലും മനസ്സിനെ ഉപയോഗിക്കുന്നില്ല വളരെ ശ്രദ്ധിച്ചാലേ വ്യത്യാസം മനസ്സിലാവുള്ളൂ ധ്യാനത്തിൽ മനസ്സുപയോഗിക്കപ്പെടും എന്നുവെച്ചാൽ മനസ്സിന്റെ സങ്കല്പമൊക്കെ അതിലുണ്ട് ഇതിൽ സങ്കല്പം ഒന്നുമില്ല മനസ്സിനെയും കാണുന്ന കാഴ്ചശക്തി ഉണ്ടല്ലോ അതിനെ മാത്രമേ ഉപയോഗിക്കണുള്ളൂ സാക്ഷി ഭാഗവതത്തിലും പരീക്ഷത്തിനോട് ശ്രീശുഖബ്രഹ്മ മഹർഷി ഏതാണ് പറയണത് ഏവം സമീക്ഷന് കാണൂ എന്നാണ് ശ്രദ്ധിക്കൂ എന്നാണ് ശ്രദ്ധിക്കൂ വസ്തു അവിടെ ഉണ്ട് നീ ഭാവന ചെയ്ത് ഭാവന വിട്ടാൽ അത് പോകും പക്ഷേ എപ്പോഴും ഉള്ള വസ്തു നിന്റെ ഭാവനയെ ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നത് അത് വസ്തുതന്ത്രമാണ് പുരുഷതന്ത്രമല്ല ഞാൻ ഇനി ഉണ്ടാക്കി മാറ്റണതല്ല അതവിടെ ഉണ്ട് എന്ന് കാണും എന്റെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്ന അനുഭവമുണ്ട് ആ അനുഭവം അത് എന്റെയല്ല ആ അനുഭവമണ്ഡലത്തിലാണ് ഈ ശരീരാദികളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആ അനുഭവത്തിന് യസ് സർവജ്ഞ यद यमय तपा दिव्य ब्रह्मपुर ह्यष व्यों आत्मा प्रतिष्ठा मनोमय प्राणशरीरनेता प्रतिष्ठन्ने हृदय सन्निधा तद्जान पतिपश्य धीरा आनंद अमृत यदिभाति यगमेक्य ഉണ്ട് എന്നുള്ള ബോധരൂപത്തിൽ അനുഭവ രൂപത്തിൽ ഒരുത്തനുണ്ടല്ലോ അവൻ ആരാണ് സർവജ്ഞ ആണ് എല്ലാ അറിവും അവനുണ്ടെന്ന് സർവവിദ് നമ്മളുടെ എല്ലാ കണക്കുകളും നമ്മളുടെ വെച്ചാൽ ഈഗോ അഹങ്കാരത്തിന്റെ അഹങ്കാരത്തിലാണ് ഈ ജന്മം അഹങ്കാരമാണ് ഞാൻ എന്ന് പറഞ്ഞത് ഇപ്പോ അതിനു പുറകിലുള്ള ആ സാക്ഷി അന്തര്യാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി അഞ്ച് മിനിറ്റ് രണ്ട് സെക്കൻഡിന് ഞാൻ എന്ത് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് അതിനകത്തുണ്ട് സാക്ഷിയാണ് എല്ലാത്തിന്റെയും കണക്ക് വഴക്കുകൾ ആ ഭഗവത് സ്വരൂപമാണ് എല്ലാ ഭാവങ്ങളും അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിലുണ്ട് അതുകൊണ്ടതിന് നിർഗുണമെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ട് അത് നിർഗുണമെന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതാണെന്നും ധരിക്കരുത് പുറമേക്കൊരു അമ്മയും അമ്മയിലൊരു സ്നേഹവും ഉണ്ടാവാമെങ്കിൽ ആ സ്നേഹത്തിന്റെ ഉറവിടം അവിടെയാണ് പുറമേക്കൊരു അച്ഛനും അച്ഛന്റെ ഒരു സംരക്ഷണവും ഉണ്ടാവാമെങ്കിൽ ആ സംരക്ഷണത്തിന്റെ ഉറവിടം അവിടെയാണോ പുറമേക്ക് മഹാത്മാക്കളിൽ കാരുണ്യവും ദയയും സർവഭൂതഹിതഭാവവും ഉണ്ടാവുമെങ്കിൽ ആ സർവഭൂതഹിതഭാവത്തിന്റെ സോഴ്സ് അവിടെയാണ് അപ്പൊ നമുക്ക് വേണ്ടതായ ആനന്ദവും നമുക്ക് വേണ്ടതായ പ്രിയമും നമുക്ക് വേണ്ടതായ സംരക്ഷണവും നമ്മളെ സംരക്ഷിക്കാനുള്ള സർവശക്തിമത്വവും ഒക്കെ അവിടെയുണ്ട് ഇതൊന്നും എനിക്ക് അറിയണില്ലല്ലോ ഇത് എന്റെ ഉള്ളിൽ കോൺഷ്യസ്നസ് എന്ന് ഞാൻ ഇംഗ്ലീഷിലും കൂടെ പറയുമ്പോൾ അതിന്റെ സർവവും ചത്തുപോയി അതെന്തോ ഒരു ഇലക്ട്രിസിറ്റി പോലൊരു സാധനമായിട്ടാണോ എനിക്കിപ്പോ തോന്നണത് ഞാൻ എന്നും തോന്നുന്നു അതിലൊന്നും കാര്യമായ ഒരു പ്രഭാവം തോന്നണില്ലല്ലോ അത് തോന്നാതിരിക്കാൻ കാരണം മനോമയ പ്രാണശരീരനേത കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷിചേത കേവലോ നിർഗുണശ് മനോമയ പ്രാണശരീരനേത മനസ്സെന്നുള്ള മൂടുപടം പൊതച്ച് പ്രാണനും ശരീരവും ശരീരമാകുന്ന വണ്ടിയിൽ പ്രാണനാകുന്ന കാളകളെ പൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ പുറകിലിരിക്കുന്ന പരംജ്യോതിയെ കാണാൻ പറ്റണില്ല അതിന്റെ വൈഭവം അതാണ് സജയോ യത് പ്രഭാവശ് എന്ന് ഭഗവാൻ പറയുന്നത് ആ പ്രഭാവം എനിക്കറിയപ്പെടുന്നില്ല അത് ഭഗവാനാണെന്നും ഈശ്വരത്വം അതിലുണ്ടെന്നും അത് സർവാന്തര്യാമിയാണെന്നും ഒക്കെ അറിയാൻ പറ്റണില്ല അതിന്റെ കാരുണ്യമോ അതിന്റെ പ്രിയമോ അതിന്റെ സംരക്ഷണമോ അതിന്റെ ദിവ്യത്വമോ അതുകൊണ്ടാണ് ഉപനിഷത്ത് നിർദ്ദേശിക്കേണ്ടി വരുന്നത് അക്ഷരം എന്നതിന് പേര് പറഞ്ഞിട്ട് ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോഹി അജ അപ്രാണോഹി അമനാഹ ശുഭ്രക്ഷരാത് പരത ദിവ്യോഹി അമൂർത്ത പുരുഷ അവൻ ദിവ്യനാണ് ദിവ്യനാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം ദിവ്യത്വം എന്നുള്ളത് നീ എന്തൊക്കെ ഉദ്ദേശിക്കണോ അതൊക്കെ മനിലാണോ ഉള്ളത് നിനക്ക് എന്തൊക്കെയാണോ വാസ്തവത്തിൽ നിന്റെ ദാഹം തീർക്കാനുള്ള ശക്തി അവിടെയുണ്ട് സംരക്ഷണ ചണം അവിടെയുണ്ട് ശക്തിയുണ്ട് അവിടെയാണ് വിശിഷ്ടാദ്വൈതികൾ അദ്വൈതികളോട് അല്പം മാറി നിന്നത് അതിന് കാരണം അദ്വൈതം ശരിക്കും പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതായപ്പോൾ രാമാനുജാചാര്യനോട് യാദവ പ്രകാശൻ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു എലക്ട്രിസിറ്റി പോലെയുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞപ്പോ രാമാനുജന്റെ ഹൃദയദാഹം തീർന്നില്ല അതാണ് പറ്റിയത് രാമാനുജന് അദ്വൈതിയായ ഒരു വേദാന്തിയാണ് പാഠം ചൊല്ലിക്കൊടുത്തത് പക്ഷെ ചൊല്ലിക്കൊടുത്തപ്പോ യാദവപ്രകാശനിൽ ഇതിന്റെ അനുഭൂതിയില്ല അദ്ദേഹം പണ്ഡിതനായിരുന്നു ബ്രഹ്മമാണ് ജീവനാണ് ആത്മാവാണ് ഘടമാണ് പടമാണെന്ന് ഫിസിക്സ് കെമിസ്ട്രി പഠിപ്പിക്കണ പോലെ വേദാന്തം പഠിപ്പിച്ചു എന്ന് അല്ലാതെ യാദവപ്രകാശം പറയണതൊന്നും രാമാനുജന് ഹൃദ്യമായില്ല അപ്പൊ രാമാനുജൻ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് ഭഗവാൻ വേണ്ട അതിനിപ്പോ ഈ പുറമെയുള്ള ജഡവസ്തുവിനെ പോലെയാണ് ഈ ഭഗവാൻ അങ്ങനെയല്ല ആ ക്ഷേത്രജ്ഞൻ അതുകൊണ്ടാണ് ക്ഷേത്രജ്ഞം ചാപി മാംവിദ്ധി എന്ന് പറഞ്ഞു മാംവിദ്ധി എന്നുള്ള ആ മാമിന് ഈശ്വരൻ എന്ന് പദം കൊടുത്താൽ ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ടതി പിതാഹമസ്യ ജഗതാഹ മാതാ ധാത നമ്മളുടെ മുക്തിക്കുള്ള ബീജം നമ്മളുടെ ഉള്ളിൽ ക്ഷേത്രജ്ഞ രൂപത്തിൽ കിടപ്പുണ്ട് നിങ്ങളല്ല ഇവിടെ വന്ന് ഭഗവത്ഗീത കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള മുക്തിബീജമാണ് കേൾക്കുന്നത് ആ മുക്തിബീജം നിങ്ങളുടെ ഉള്ളിൽ തീരുമാനിച്ചാലല്ലാതെ ഈ പറയണതൊന്നും ഉള്ളിൽ പോകാൻ അത് സമ്മതിക്കില്ല ആരെങ്കിലും പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയാലും അതിനെപ്പെവിയുടെ ഷട്ടർ ഇടണം നല്ലവണ്ണം അറിയാം ഇവിടെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ തന്നെ മുഖ്യമായ കാര്യം വരുമ്പോ ഇടയ്ക്ക് ഔട്ടാവും എന്തോ പറഞ്ഞു പിടികിട്ടിയില്ല നടുവിൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളുടെ ഉപാധിയും നമ്മളുടെ കയ്യിലില്ല ഫുൾ കൺട്രോൾ ഈശ്വര സർവഭൂതാണദ്ദേശെ അർജുന തിഷത്തി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത ക്ഷേത്രജ്ഞരൂപനായി അന്തര്യാമിയായി ഉപനിഷത്ത് അങ്ങനെ തന്നെ അന്തര്യാമി പ്രകരണം എന്ന് പറഞ്ഞ് ചാന്ദോഗ്യശ്രുതി മുഴുവൻ പറയാൻ യ ആദിത്യേ തിഷ്ടൻ യഹ് പൃഥിവ്യതിഷ്ടൻ യഹ് പൃഥ്വ്യന്തരോ യം പൃഥിവീന വേദ യഹ പൃഥിവീം അന്തരോ യമയതി ഏഷത്തെ ആത്മാ അന്തരമി അമൃത ആ ദോർത്തൻ ഭൂമിയിലിരിക്കുന്നു ആ ഒരു ഭൂമിയുടെ ഉള്ളിലിരുന്ന് ഭൂമിയെ വളർത്തുന്നു ഭൂമിയെ സഞ്ചരിപ്പിക്കുന്നുവോ ഭൂമിയിൽ സസ്യലതാദികളൊക്കെ ഉണ്ടാക്കുന്നു ആരാദിത്യനിൽ ഇരുന്ന് പ്രകാശിക്കുന്നു ആര് ചന്ദ്രനിലിരുന്ന് പ്രകാശിക്കുന്നു ആരു വായുവിലിരുന്ന് വീശാൻ വയ്ക്കുന്നുവോ അതേ വസ്തുവാണ് നിന്റെ ഉള്ളിലുള്ളത് അന്തറിയാമി രൂപത്തിൽ അപ്പൊ ആദ്യപടി വേദാന്തത്തിൽ നമ്മളിൽ ഒരു ആദരവ് വരിക നമ്മളിൽ ആദരവ് വരിക എന്ന് വെച്ചാൽ എന്റെ ശരീരത്തിലോ എന്റെ ഈഗോയിലോ അല്ല ആദരവ് എല്ലാവരുടെ ഉള്ളിലുമുള്ള വസ്തുവിൽ ആദരവ് വരിക മഹാത്മാക്കളുടെയൊക്കെ മഹത്വത്തിന് പുറകിലുള്ള സീക്രട്ടും അതാണ് രമണ ഭഗവാൻ കൊരങ്ങിന് പോലും വേദാന്തം പറഞ്ഞു കൊടുക്കും കൊരങ്ങിന് ഉള്ളിലുള്ള അന്തർയാമിയും എന്റെ ഉള്ളിലുള്ള ഞാനും രണ്ടിലുമുള്ള ദിവ്യവസ്തു ഒന്നാണെന്ന് ആ സത്തിൽ പ്രതിഷ്ഠിതമായിരുന്നു കൊണ്ട് അദ്ദേഹം കൊരങ്ങിനെ ഒന്ന് നോക്കിയാൽ കൊരങ്ങിന് സമാധി അനുഭവം ഉണ്ടാവും പശുവിനെ ഒന്ന് നോക്കിയാൽ പശുവിന് ഈ ജ്ഞാനിയുടെ അനുഭവം സംക്രമിക്കുന്നു ഈ അന്തരയാമിയെ സെന്ററായി ക്ഷേത്രജ്ഞനെ സെന്ററായി വെച്ചുകൊണ്ട് വേണം സകലഭൂതങ്ങളിലുള്ള ക്ഷേത്രജ്ഞനെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ആ ക്ഷേത്രജ്ഞനോടുള്ള സംബന്ധത്തിന് മാത്രം പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സത്സംഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെയും മനസ്സിന്റെയും ഒരു കഥർത്തല്ല ഹൃദയമാണ് ഹൃദയത്തിനോട് സംബന്ധപ്പെടുന്നത് അതിന്റെ സൂപ്പർഫിഷ്യൽ പ്ലെയിനിൽ മാത്രമാണ് ഈ മെന്റൽ വെർബൽ കമ്മ്യൂണിക്കേഷനൊക്കെ അത് ഇൻസിഗ്നിഫിക്കന്റാണ് അതിന് വലിയ കാര്യമില്ല തേനേ ബ്രഹ്മഹൃദായ ആദികവയെ എന്നൊക്കെ ഭാഗവതം പറയേണ്ടത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഒരിടത്ത് ക്ഷേത്രജ്ഞൻ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആ സെന്ററിൽ നിന്നും മറ്റൊരു സെന്ററിലേക്ക് അതിന് തയ്യാറെടുത്തിട്ടുള്ള ഒരു സെന്ററിലേക്ക് ഈ അനുഭവം പകർന്നു അങ്ങനെ പകർന്നു മാത്രമാണ് അധ്യാത്മം സത്സംഘം എന്ന് പറഞ്ഞത് സത്ത് സത്തിനോട് ചേരുന്ന സംഘമാണ് മനസ്സും ശരീരമൊക്കെ അസത്താണ് അതുകൾ തമ്മിൽ ചേർന്നിട്ട് സത്യദർശനം ഉണ്ടാവില്ല അതുകൊണ്ട് അധ്യാത്മത്തിൽ ബാഹ്യമായി കാണുന്നതിനും ബാഹ്യമായി ഉള്ള സമ്പർക്കത്തിനൊന്നും വലിയ പ്രാമുഖ്യമല്ല ഈ സത്തിന് സത്തിനോടുള്ള സംഘമാണ് പ്രധാനം ക്ഷേത്രജ്ഞന് ക്ഷേത്രജ്ഞനോടുള്ള സംഘമാണ് പ്രധാനം ക്ഷേത്രത്തിൽ വികാരങ്ങളുണ്ട് ക്ഷേത്രത്തിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും പോയിപ്പോവും ഇപ്പൊ സത്സംഗത്തിലിരിക്കുമ്പോൾ വാസ്തവമാണ് ഞാൻ എന്തെങ്കിലും നല്ല കഥ വികാരഭരിതരാക്കുന്ന കഥ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ വികാരഭരിതരാവും പക്ഷേ ആ വികാരം നിങ്ങൾ സിനിമ കാണുന്ന പോലെയോ ടി എന്തെങ്കിലും നിങ്ങളെ വികാരപ്പെടുത്തുന്ന ഒരു സീന് കാണുന്ന പോലെയോ തന്നെ വന്നിട്ട് പോയി നിങ്ങളുടെ ശരീരത്തിന് ഞാൻ തൽക്കാലം തലവേദന വന്നു ഒരു മരുന്ന് തന്നാൽ വിശപ്പ് വന്നു ഭക്ഷണം തന്നാൽ തൽക്കാലത്തിനായി പിന്നെയും തലവേദന വരും പിന്നെയും വിശപ്പ് വരും എന്താന്ന് വെച്ചാൽ ഇപ്പൊ തലവേദന പോയാലും ശരീരത്തിൽ കോശങ്ങൾ മാറിക്കൊണ്ടേ പുതിയ കോശങ്ങൾ വരുമ്പോ പുതിയ കോശങ്ങൾ എന്ന് ഉള്ളിൽ ഇപ്പോ ഉള്ള സങ്കല്പങ്ങൾ പുതിയ കോശങ്ങളെ തുപ്പും തുപ്പുമ്പോ എന്റെ സങ്കല്പത്തിൽ വ്യാധിയോ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ തുപ്പിക്കഴിയുമ്പോൾ വ്യാധികളായിട്ടൊക്കെ എന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും അതിലൊന്നും എനിക്ക് നിയന്ത്രണമില്ല അപ്പോ നിത്യമായ വസ്തുവിനെ ശ്രദ്ധിപ്പിച്ചാൽ നിത്യോ അനിത്യാനാം ചേതനാ അചേതനാനം ഏകോ ബഹൂനാം യോ വിദധാദി കാമാൻ നിത്യമായ ഒരു വസ്തുവുണ്ട് ആ സെന്ററിൽ അതിൽ പരിണാമമൊന്നുമില്ല അത് സദാ ഏകരസ സ്വരൂപമാണ് ശാന്തിയത്തിന്റെ സ്വരൂപമാണ് ആനന്ദമതിന്റെ സ്വരൂപമാണ് അതിനെ കേന്ദ്രമായി നിന്നാൽ പ്രിയമുണ്ടാവും സംരക്ഷണം കാരണം അതിൽ ഭയമില്ല അതിൽ രണ്ടില്ല അതിൽ മരണമില്ല അത് നിത്യമാണ് അതിന്റെ അനുഭവം മനസ്സ് എന്ന് പറയുന്ന നമ്മളുടെ ഇന്റർമീഡിയറി എക്യൂപ്മെന്റിലൂടെ വരുമ്പോ എനിക്ക് മരിക്കാതിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അതിനൊരു പരിണാമമില്ല അതുകൊണ്ട് എനിക്ക് വ്യാധി വരാതിരിക്കണം എന്നുള്ള ആഗ്രഹം